അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനൂമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസ്നാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ല വമൻ യുലിൽ കു ഫലാ ഹാദിയ ല വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലു ി മുഹമ്മദ് കമ ബാറകതാലാ ഇബ്രാഹിമ വലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അമ്മാ ബാദ ഫൈന ഖൈറൽ കലാമി കലാമുല്ലാ വഖൈറൽ ഹദീഥി കിതാബുല്ലാ വഖൈറൽ ഹദിയ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്തതതു ഹവ കുള്ള മുഹ്ദസതിൻ ബിദാ വകുള്ള ബിദാതിൻ ദലാല اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ولقد علمتم الذين يظاهرون منكم في السبت സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ സർവ്വലോകനിയന്താവായ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പൊതുവിൽ തന്നെ ഉപദേശങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണ് മിക്ക ആളുകളും ആരെങ്കിലും ഒന്ന് ഉപദേശിക്കുന്നതോ എന്തെങ്കിലും ഒരു കാര്യം ഗുണദോഷിക്കുന്നതോ പൊതുവെ ഇഷ്ടപ്പെടാത്തവരാണ് അതൊരു വിമർശനമായോ അല്ലെങ്കിൽ ഒരു അവഹേളനമായോ കാണുകയാണ് പലപ്പോഴും പതിവ് അതുകൊണ്ടുതന്നെ ഉപദേശങ്ങളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പലപ്പോഴും നമ്മിൽ വലിയൊരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത ചില ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് തന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണു നമുക്കറിയാത്തത് ഇനി കേൾക്കാൻ എന്താണു നമുക്കറിയാത്തത് ഇനി പറഞ്ഞു എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കുകയും ആ ഒരു കാരണം കൊണ്ട് ആ ഒരു കാരണം ചിന്തിച്ച് ആ ഒരു ന്യായം പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് വേണമെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാൻ പറയുന്ന ചരിത്രത്തെ അവലംബിച്ചുകൊണ്ട് നമുക്ക് അത്തരക്കാരെ പറയാം ഒരു ജൂത മനസ് എന്ന് നമ്മൾ പറയാം ജൂതന്മാർ നബിസ്ലാഹു അലൈവസ്ലമ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവുമധികം പ്രവാചകന്മാർ വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ കേട്ട ഉപദേശം ഞങ്ങൾ വായിച്ച വേദം ാക്കിയ അത്ര മതം ഇവിടെ ആരാണ് പഠിച്ചത് ആരാണ് മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സുലാസമയുടെ ഉപദേശങ്ങളോട് ഉത്ബോധനങ്ങളോട് പുറന്തിരിഞ്ഞു നിന്നവരാണവർ മറ്റു ചില ആളുകൾ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കേൾക്കാതിരിക്കുവാൻ പറയുന്ന ന്യായം കേട്ടാ പിന്നെ നമ്മൾ അങ്ങനെ ആകേണ്ടേന്ന് അതുകൊണ്ട് കേൾക്കാതിരിക്കലാണ് ബുദ്ധി അഥവാ കേട്ടുപോയാൽ അഥവാ മനസ്സിലാക്കി പോയാൽ അങ്ങനെ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുമല്ലോ അതുകൊണ്ട് അറിഞ്ഞില്ലെന്നും കേട്ടില്ലെന്നും പറഞ്ഞ് ഒഴിവാകാൻ നല്ലത് പോകാതിരിക്കലും കേൾക്കാതിരിക്കലുമാണ് എന്ന് ന്യായം പറയുന്നവരും ഉണ്ട് മറ്റു ആളുകൾ പറയും എന്നെപ്പോലെയുള്ളവർക്ക് അതിന് എവിടെയാണ് സമയം ഞാൻ അല്പം സാമ്പത്തിക സൗകര്യമുള്ളവനാണ് അല്പം തിരക്കുള്ളവനാണ് സമൂഹത്തിൽ അല്പം കാര്യങ്ങൾ ഗൗരവത്തോടെ നിർവഹിക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സമയമുണ്ടെങ്കിൽ കേൾക്കാം അറിയാം മനസ്സിലാക്കാം ഞങ്ങൾക്കൊന്നും നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും അവിടെ വരുവാനും അങ്ങനെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒരു ജുമാ പോലെ മുഴുവൻ കേൾക്കാൻ ഞങ്ങൾക്കിവിടെ സമയം ജീവിതത്തിൽ അല്ല വലിയ തിരക്കാണ് ഞാൻ തിരക്കുള്ളവനാണെന്ന് സ്വയം പറയുകയും സ്വയം മനസ്സിലാക്കുകയും ചെയ്ത് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുന്നവരും നഷ്ടപ്പെടുത്തുന്നവരും അതേപോലെ തന്നെ അതിനവസരം കാണാത്തവരുമുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഫലപ്രദമാക്കാനുള്ള മാർഗം എന്നാ പറയാ സതുപദേശം വിശുദ്ധ ഖുർഹാന്റെ പേരെന്നെ അതാണ് വിശുദ്ധ ഖുർഹാൻ അള്ളാഹുട്ട പേര് തന്നെ ിൽ ജനങ്ങളെ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിന്റെ ഉപദേശം സഹോദരങ്ങളെ ഒരു പ്രാവശ്യം റമലാനിൽ വിശുദ്ധ കുർആാൻ ഓതി തീർക്കണമെങ്കിൽ ഒരു റമലാനിൽ നമ്മുടെ എത്ര താൽപര്യവും എത്ര പരിശ്രമവും നടത്തണം വെറുതെ ഒന്ന് ഓയി തീർക്കാൻ വെറുതെ വായിക്കാൻ ഫാത്തിയ സൂറത്ത് മുതൽ സൂറത്തുനാസ് വരെ വെറുതെ തീർക്കണമെങ്കിൽ ഒരു റമലാൻ മാസത്തിൽ ഒരു മാസം വെനക്കെടുന്നവൻ എത്ര ശ്രദ്ധ പുലർത്തിയാലേ മുപ്പത് ചുസുക തീരൂ ഈ മുപ്പത് ചുസുവിലും എന്താണ് ഉള്ളത് സഹോദരങ്ങളെ ഈ കാതുകളെ കൊണ്ട് കേൾക്കാൻ ഈ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കുവാനുള്ള സതുപദേശങ്ങൾ അതുകൊണ്ട് ഖുർആനിന്റെ പേരതാണ് അപ്പൊ ഉപദേശം കേൾക്കേണ്ടെന്നൊരു മനസ്സ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കു സമയമില്ല എനിക്കു നേരമില്ല നേരത്തെ പറഞ്ഞ ന്യായങ്ങൾ വെച്ചാൽ സഹോദരങ്ങളെ ഖുർആൻ പഠിക്കാൻ നമുക്ക് പറ്റൂല എഴുപത് കൊല്ലം അള്ളാഹു ആയുസ് തന്നാലും ഒരായത്തിന്റെ അർത്ഥം പോലും മനസ്സറിഞ്ഞ് കേൾക്കാതെ മരിച്ചു പോകും നമ്മൾ മനസ്സിന്റെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും മാറ്റിയില്ലെങ്കിൽ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോകും ഉപദേശങ്ങളെ നിരാകരിച്ചാൽ ഒരു ജീവിതമാണ് നഷ്ടപ്പെടുക പരലോകത്ത് നമ്മുടെ ഏതൊരംഗത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കും നിങ്ങൾ നിങ്ങളേറ്റവും പ്രാവീണ്യമുള്ളൊരു കച്ചവടക്കാരനാണോ സഹോദരങ്ങളെ എങ്കിലും കച്ചവടക്കാരനായ നിങ്ങളുടെ സുഹൃത്തിനോട് കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിന് ഗുണകരമായ ഒരു കാര്യം പറഞ്ഞു തരാൻ ഒരുപക്ഷെ നിങ്ങളെ അത്ര പ്രാവീണ്യമില്ലാത്ത സുഹൃത്തിന് പറ്റിയേക്കും എന്തിനാണ് കേൾക്കാനുള്ള ഒരു മനസ്സുമതി അന്വേഷിക്കാനുള്ള ഒരു മനസ്സുമതി ജീവിതത്തിൽ എവിടെയും അങ്ങനെയാണ് സഹോദരങ്ങളെ അറിയുവാനും മനസ്സിലാക്കാനും ചിലപ്പോൾ വലിയ ദുരന്തങ്ങൾ ഒഴിവാകും ഒരാളോട് നമ്മൾ നമ്മുടെ രോഗത്തെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം കൊണ്ട് ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു മഹാദുരന്ത കാത്തുരക്ഷിക്കാൻ നമുക്ക് പറ്റും ഓരോ വാക്കുകളും അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നബിസല്ലാഹു അലി വസ്സലാ പറഞ്ഞ അതീത്തുകളും വിശുദ്ധ ഖുർഹാനും സഹോദരങ്ങളെ ഇത് കേൾക്കുക ഇത് പഠിക്കുക ഇത് മനസ്സിലാക്കുക ഇത് തന്നെയാണ് നമ്മുടെ ഇഹപര ജീവിതത്തെ നന്നാക്കാനുള്ള മാർഗം ലബിസ്ലാസമ പറഞ്ഞ ഓരോ വാക്കുണ്ടല്ലോ സഹോദരങ്ങൾ ഉപദേശങ്ങൾ മുത്തുമണികളാൻ അതിന്റെ ഒരു വാക്ക് ജീവിതത്തെ മുഴുവനും സമൂലമായി പരിവർത്തിപ്പിക്കാൻ പറ്റും വല്ല പെണ്ണുങ്ങളും ഇല്ല സ്ഥലത്ത് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ സഹോദരങ്ങൾ ചെറിയ ഉപദേശമാണ് ഒരന്യ സ്ത്രീകളുടെ സാന്നിധ്യം ഉള്ളെടുത്ത് ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മാഭിമാനം കളഞ്ഞു കുളിക്കപ്പെടും കുടുംബം നഷ്ടപ്പെടും മക്കൾ നഷ്ടപ്പെടും ജീവിതം നഷ്ടപ്പെടും നരകം കിട്ടും ഒരു വാക്കിന് വലിയ വിശാലതയുണ്ട് സഹോദരങ്ങളെ കേൾക്കുമ്പോഴാണ് ആ ഉപദേശങ്ങളും വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ തറക്കുന്നതും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതും രണ്ടു തരം ഉപദേശങ്ങളെ കുറിച്ച് പണ്ഡിതന്മാര് പറയാറുണ്ട് അൽ മൗഇലു അൽ അൽമു അള്ളാഹു വഹിയിലൂടെ ഖുർആാനിലും അദീത്തിലും പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാനും മുഴുവനായി സ്വീകരിക്കുവാനുള്ള മനസ്സേവുസലിമുസ് ഖുർആാനിലുണ്ടോ വിശുദ്ധ ഹദീസുകളിലുണ്ടോ തൽക്കാലം നമ്മുടെ പരിമിതമായ ബുദ്ധി അതിലൊരു തത്വം കണ്ടില്ലെങ്കിലും ഒരു ന്യായം കണ്ടില്ലെങ്കിലും സഹോദരങ്ങളെ നെബിസ്ലാസമോ പറഞ്ഞതല്ലേ എനിക്ക് നല്ല ഉപദേശങ്ങൾ തരാൻ മാർഗനിർദ്ദേശം തരാൻ ഞാൻ സമ്പൂർണമായി ജീവിതത്തെ കീഴ്പ്പെടുത്താൻ ബാധ്യസ്ഥനായ ഒരു ഉപദേശകൻ എന്ന നിലക്ക് പ്രവാചകൻ എന്ന നിലക്ക് നെബിസ്ലാസമ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഒരു കാര്യം ഉണ്ടാവും എന്ന് അംഗീകരിക്കുവാനുള്ളതല്ല മനസ്സ് വിശുദ്ധ കുർഹാനിലുള്ളതാണോ അള്ളാഹു തന്ന വഹിയല്ലേ അതെന്റെ ജീവിതത്തെ എന്തായാലും നന്മയിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ ഇത് നമുക്ക് വേണം അതാണ് മൗലത്വശ്ശറയ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സഹോദരങ്ങളെ വ്യക്തിപരമായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ സാമൂഹികമായ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലെ അക്രമം അനീതി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ഒന്നിനെപ്പോലും തൊടാതിരുന്നിട്ടില്ല വിശുദ്ധ കുർഹാനും പ്രവാചകൻ സബയുടെ സമ്പൂർണ്ണമായ ജീവിതവും അതുകൊണ്ട് അത് മനസ്സിലാക്കാനും കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു സന്മനസ് അത് സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ആരെങ്കിലും അന്വേഷിക്കുന്ന ഒരു വഴിയിൽ ഒരാൾ വ്യാപൃതനായാൽ അവൻ സഹലുലഹുൽ ജന സ്വർഗത്തുള്ള വഴിയിലാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കാനും ശ്രമിക്കാത്തവരെ കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ ഒരു മൂന്നായത്തിന്റെ അർത്ഥം കേട്ടു എന്ത് പറഞ്ഞാലും എന്തു കേട്ടാലും അതൊന്നും കേൾക്കണമെന്നോ പഠിക്കണമെന്നോ മനസ്സില്ലാതെ എപ്പോഴും നിസ്കാരത്തിൽ പോലും ദുനിയാവ് മാത്രം ചിന്തിച്ച് അതുമാത്രം ആലോചിച്ച് ഒരു അഞ്ചു രൂപക്ക് പത്രം വാങ്ങിയിട്ട് ആ പത്രം പന്ത്രണ്ട് മണിക്കൂർ കൈയിൽ വെക്കാതെ വായിച്ചാലും ഒരു കുറ്റബോധവും തോന്നുന്നില്ല ഒരു വരി ആയത്തിന്റെ അർത്ഥം പോലും ജീവിതത്തിൽ ഒരൊന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുകയോ തന്റെ സുഹൃത്തിനോടൊന്ന് ചർച്ച ചെയ്യുകയോ മറ്റൊരാൾക്ക് ഒരു ആശയം പറഞ്ഞുകൊടുക്കുകയോ ചെയ്യാത്തൊരവസ്ഥ നോക്കൂ നിങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ വചനങ്ങൾ നമ്മുടെ വാചകങ്ങൾ അവരോട് ഓദിക്കേൽപ്പിക്കപ്പെട്ടാൽ വല്ലാ മുസ്തക്ബിറങ്ക അല്ലം യസ്മഹ അതവന്റെ ചെവിയടപ്പിക്കുന്ന ശബ്ദത്തിൽ കേട്ടാലും ചെവി കടപ്പ് വീണവനെപ്പോലെ കേൾക്കാത്തവനെ പോലെ അഹങ്കാരിയായി അവൻ തിരിഞ്ഞു സഹോദരങ്ങളെ നമുക്ക് കേൾക്കേണ്ട അള്ളാന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാൻ അവസരങ്ങളും സന്ദർഭങ്ങളും കിട്ടുമ്പോൾ എനിക്കതിനെന്തു കാര്യമെന്ന് അഹങ്കാരത്തോടെ നടിച്ച് അവൻ കേൾക്കാത്തവനെപ്പോലെ തിരിഞ്ഞു പോകും പടച്ചവും പറയാണ് അവന്റെ ചെവിക്ക് വല്ല അടപ്പുള്ളവനെ പോലെയാണ് ചെവിക്ക് വല്ല അടപ്പമുള്ളവനെ പോലെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ കേൾക്കാൻ മനസ്സിലാത്ത അഹങ്കാരികളോട് നരകമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു നബിയന് ഇത് ഖുർആൻ ലാഹത്തെ സഹോദരങ്ങളിൽ അള്ളാന്റെ ഖുർആാനും ദീനും പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് നരകത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു വേറായു നോക്കി സഹോദരങ്ങളെ പരമ കാരുണ്യകന്റെ അള്ളാഹു ഇഷ്ടമുള്ള നല്ല അടിമകളെപ്പറ്റി പറയാൻ അള്ളാഹ് ഇഷ്ടമുള്ള അടിമകൾ അല്ലാഹ്യം കൊടുക്കുന്നവർ അള്ളാഹു ജീവിതത്തിന്റെ ഏത് മേഖലയിലും സ്നേഹത്തോടു കൂടി അള്ളാഹു കാണുന്നവർ അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ ഇറങ്ങിക്കിട്ടുന്നവർ ആരാണ് സഹോദരങ്ങളെ വല്ലതീന ഇതാ ദുഃഖ്യൂപി ആയാ തിറബിയും തങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ ഓദിക്കേൽപ്പിക്കപ്പെട്ടർ ലം യഹിറു അറൈഗ സുമ്മം ലം അറയുക സുമ്മം വഴും അതിന്റെ മേലവർ ചാടി വീഴുകയില്ല അന്തരായി ഭദ്രരായി ചാടി വീഴുക ചാടി വീഴേണ്ടത് എങ്ങനെ കേൾക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സോടു കൂടെ ഒരായത്താണല്ലോ ആ പറയണത് എന്നുള്ള നിലയ്ക്ക് താൽപര്യപൂർവ്വമാണ് അവർ പറയാ അതല്ലാതെ കണ്ണ് കാണാത്തവനെപ്പോലെ കാതു കേൾക്കാത്തവനെപ്പോലെ നിൽക്കുന്നവരല്ല അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മുമ്പിൽ അവർന്ന് അവർക്കാണ് അങ്ങനത്തെ ആളുകളല്ല അവർന്ന് അങ്ങനത്തെ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല സഹോദരങ്ങളെ അളവറ്റ ദയാപരനായ നാഥൻ ഇഷ്ടപ്പെടാത്ത അടിമകളാണവർ അള്ളാഹുവിന്റെ വചനങ്ങളോട് താല്പര്യം കാണിക്കാത്തവർ അത് കേൾക്കാൻ മനസ്സില്ലാത്തവർ പഠിച്ചോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അവർ ഇനിയും നോക്കൂ സഹോദരങ്ങളെ നാളെ പരലോകത്ത് വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ണ് കാണാത്ത അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരാള് പരലോകത്ത് ചെല്ലാണ് ജനിച്ചപ്പോ ഉമ്മ പ്രസവിച്ച അന്ന് മുതൽ കണ്ണില് എല്ലാം കണ്ടതാണ് മരിക്കണ സമയത്ത് കണ്ണടക്കും വരെ അവർ കണ്ണു കാണുന്നവനായി ജീവിച്ചു പക്ഷെ പരലോകത്തെ അല്ലെങ്കിലും കണ്ണില്ല സഹോദരങ്ങളെ പരലോകത്തെ അല്ലെ കണ്ണില്ല കാണാൻ പറ്റുന്നില്ല അപ്പൊ അവൻ പഠിച്ചോട് ചോദിക്കാണ് കാലറബി ബി മഹാഷർത്തീ അമ്മ എന്റെ റബ്ബിയെ എന്തിനാണ് നീ എന്നെ അന്ധനായി ഇവിടെ കൊണ്ടുവന്നത് ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ അള്ളാഹുവിന്റെ മറുപടി കാല കദാലി കത്തു കയാ അധ്യായങ്ങളായി ആറായിരത്തി വചനങ്ങളായി ഇരുപത്തിമൂന്ന് കൊല്ലത്തെ സമ്പൂർണ്ണ ജീവിതമായി എന്റെ നിയമനിർദ്ദേശങ്ങൾ നിനക്ക് വന്നിരുന്നു നിന്റെ മുന്നിലുണ്ടായിരുന്നു നിന്റെ കാതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു നിന്റെ കണ്ണിന്റെ മുന്നിൽ നിവർത്തപ്പെട്ടിരുന്നു പക്ഷേ പനസീത പനസീത നീ മറന്നുകളഞ്ഞു നീ അതിനെ അവഗണിച്ചു കളഞ്ഞു നീ അതിനെ കേൾക്കാത്ത പോലെ ഒരായുഷ്കാലം നീ ജീവിച്ചു വകാലിക്കൽ യൗമ അതുകൊണ്ട് ഇവിടെ ഞാൻ നിന്നെയും മറന്നിരിക്കുകയാണ് സഹോദരങ്ങളെ ഒരു സംശയവും വേണ്ട ആർക്കെങ്കിലും തൗഗീത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു നിങ്ങൾ കേൾക്കാൻ കേൾക്കാനുള്ള മനസ്സുണ്ടായതുകൊണ്ട് ആരായിക്കോട്ടെ ഞാൻ കേട്ടു വെക്ക വേണ്ട നിൽക്ക അല്ലാത്തവരെ തൗഗീത് കിട്ടിയില്ല സഹോദരങ്ങളെ നമ്മുടെ നാട്ടില് പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കി ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവൻ എന്ത് മനസ്സുണ്ടായിരുന്നു എന്നറിയോ കേട്ടു വയ്ക്കാം എന്തായിക്കോട്ടെ കേട്ടു വയ്ക്കാം ശരിയാണെങ്കിൽ സ്വീകരിക്കാം ശരിയല്ലെങ്കിൽ തള്ളാം എന്ന് മനസ്സുള്ളവനെ തൗഗീത് കിട്ടിയുള്ളൂ അവരെ സഹോദരങ്ങളെ ദീൻ മനസ്സിലാക്കിയുള്ളൂ അവരെ ദീൻ സ്വീകരിച്ചുള്ളൂ ഇപ്പെന്താ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം സഹോദരങ്ങളെ കേൾക്കാനുള്ള മനസ്സ് ഉപദേശങ്ങളോടുള്ള ഹൃദയ ഉപദേശങ്ങളും ഉത്ബോധനം കേൾക്കാനുള്ള സൻമനസ് ഒരു പുസ്തകം കിട്ടിയാൽ ദീനിന്റെ പുസ്തകം കിട്ടിയാൽ വായിക്കാനുള്ള മനസ്സ് ഒരു സീഡി കിട്ടിയാൽ ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് ഒരു മതപ്രഭാഷനമോ ഹുതുമയോ ഉണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യപൂർവ്വം കണ്ണും തുറന്നിരിക്കാനുള്ള സന്മനസ് അതാണ് സ്വർഗ്ഗത്തിൽ പോകാനുള്ള മനസ്സ് കണ്ണും കാതും ഉണ്ടായിട്ടും കണ്ണില്ലാത്തവരെ പോലെ കാതില്ലാത്തവരെ പോലെ ജീവിക്കരുതെന്ന് സഹോദരങ്ങൾ ആലോചിക്കണം ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കണം ഉപദേശങ്ങളെയും ഉത്ബോധനങ്ങളെയും സ്വീകരിക്കാത്തവർക്ക് വന്ന ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഉപദേശം എന്ന് പ്രസംഗം മാത്രമല്ല ഉത്ബോധനം മാത്രമല്ല ഖുർആാൻ പറയുന്നത് ലോക ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ ജീവിച്ച മാനവരാശി ഉത്ബോധനങ്ങളെയും നിയമങ്ങളെയും നിരാകരിച്ചപ്പോൾ അവർക്ക് എന്ന് പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് പഠിച്ചോം പറഞ്ഞത് അഫലം യസേതു ില്ല അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലെന്ന് കഴിഞ്ഞ കാലത്തെ സമുദായങ്ങളിലും അതേപോലെ തന്നെ പൂർവ്വ സമുദായങ്ങൾ ജീവിച്ച പ്രദേശങ്ങളിലൊക്കെ നിങ്ങളോട് വളരെ ശക്തമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും വിളിച്ചു സ്ഥലങ്ങളുണ്ട് സഹോദരങ്ങളെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പഴയ കാലഘട്ടങ്ങളിൽ ചെയ്താൽ അക്രമങ്ങൾക്ക് കിട്ടിയ അനന്തര ഫലങ്ങളെ പടച്ചോ നമ്മക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊന്നും മാറി ചിന്തിക്കാൻ വേണ്ടിട്ടല്ല വേറൊന്നിനല്ല ജൂതന്മാരെ പരിപാടിയെപ്പറ്റി കുറാൻ പറഞ്ഞു സുഹൃത്തു പാക്കി വേണമെന്ന് വെച്ചാൽ സൂത്രപ്പണികള് ദീന് കൊണ്ടെടുക്കാതെക്കുള്ള സൂത്രപ്പണി അതാണ് സഹോദരങ്ങൾ അത് ഇന്നുണ്ട് നാട്ടിലൊക്കെ എന്തീ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനം ഒരു ജല്ലറിയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും നാട്ടിലോടൊക്കെ നമ്മൾ ഷെയർ ചേർക്കാന്നാണ് എന്താ സഹോദരങ്ങൾ ഈ ഷെയർ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ സൂത്രപ്പണി വെക്കുന്നവർ സഹോദരങ്ങളെ ഹൃദയങ്ങൾ അറിയുന്ന പഠിച്ചവനായിരിക്കാൻ പറ്റിയാൽ പറ്റുക എന്നിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാർ വാങ്ങുക എന്നിട്ട് ഒരു ഫിക്സ്ഡ് ലാഭം കൊടുക്കുക ഒരു മൂവായിരം റുപ്യോ നാലായിരം റുപ്യോ മാസത്തിൽ കൊണ്ടേ സഹോദരങ്ങളിൽ എന്താ പരിപാടി ആ വാങ്ങിയ ആളോട് മൊത്തം ജ്വല്ലറിന്റെ കണക്ക് പറയണം ഇത്ര രക്ഷ കച്ചവടം നടന്നത് ഇത്ര ആളുകളാണ് എന്തേലും ഷെയർ ചേർന്നത് അതിൽ ഇത്ര ശതമാനമാണ് നിങ്ങളുടെ ഷെയർ അതങ്ങളെ ലാഭം അത് പറയേണ്ടേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ കൊടുക്കണം ആൾക്കാരുത്ത് ഷെയർ എന്ന് വാങ്ങിയ മൂവായിരം കൊടുത്താൽ മതി സഹോദരങ്ങൾ പലിശ അല്ലേ ഒരു ഫിക്സഡായിട്ടൊരു ലാഭം വാങ്ങിയിട്ട് അത് ഷെയർ ആണെന്ന് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താം ബോധ്യപ്പെടുത്തേണ്ട ആരെയും പഠിച്ചോനെയാണ് മീൻ പിടിച്ചോ മീൻ പിടിക്കരുതെന്നാ പറഞ്ഞാൽ അന്ന് നിങ്ങളെ ജുമാന്റെ ദിവസമല്ല മീൻ പിടിക്കണ്ടോലെന്താ ജീതറി വരട്ടെക്കു ശനിയാഴ്ച വലടേ ജീവള്ളൂ വല കയറ്റൂല വല കയറ്റില്ല ഞായറാഴ്ച അപ്പൊ എന്തായി മീൻ പിടിക്കണ്ടാന്ന് പടച്ചോൻ പറഞ്ഞ് പിടിച്ചിട്ടില്ല സഹോദരൻ പടച്ചോൻ എന്താ അറിയും ചെയ്ത് ചെയ്യാത്തവരെക്കാളും വല്ല പടച്ചോനെതിരെ സൂത്രം പ്രയോഗിട്ട് നാളെ ജീവത്തിൽ ഇങ്ങൾക്ക് എന്നും വരുന്നവർക്ക് പാഠമാകാനാണ് പടച്ചോൻ ജൂതന്മാരെ കൊരങ്ങന്മാരാക്കിയത് ശനിയാഴ്ച ദിവസങ്ങളിൽ അതിക്രമം കാണിച്ച ആളുകൾ കുൽനാലകും കൂനു കിടത്തൻ ഹാസ്യൻ നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായിക്കൊള്ളുന്നാണ് മുഫസിലിങ്ങൾ പറഞ്ഞു കത്താദർ റബി അള്ളാഹു പറഞ്ഞെന്താ വെച്ചാൽ ശരിക്കും വാലുള്ള കുരങ്ങന്മാരനായി മാറി അവർന്ന് സമരം നികൃഷ്ടമായ ഒരവസ്ഥയിലേക്ക് അവരെ പരിവർത്തിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തത് പടച്ച നിയമങ്ങളെയും ഉപദേശങ്ങൾക്കും സൂത്രപ്പണി ഒപ്പിക്കുന്നവർക്കുള്ള ഗുണപാഠമായി ലോകത്തിന് ഇരിക്കട്ടെ ഈ പാടമെന്നാണ് In, hmm, ും പിൽക്കാലത്തുള്ളവർക്കും അവർക്ക് ഒരു ഗുണപാഠമാക്കിയിരിക്കുന്നു ലോകത്തെ എവിടെ പടച്ചോനെ സൂക്ഷിക്കുന്നവരുണ്ടോ അവർക്കൊരു ഉപദേശമാക്കിയിരിക്കുന്നു ഇതെന്നാണ് സഹോദരങ്ങളെ നാം ആലോചിക്കണം ഓരോ കാര്യങ്ങളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഇതേപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ കൃത്യമായ നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പഴച്ചുപോയി അവർക്കും ശക്തമായ ശിക്ഷാനടപടികളാണ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെന്നാണ് നോക്കൂ നിങ്ങൾ ഫിറാവുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യം നോക്കും ജീവിതത്തിൽ എവിടെയാണോ അള്ളാഹുവിന്റെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും നിരാകരിച്ചത് അവരെയൊക്കെ ലോകത്തിനൊരു പാഠമാക്കിയിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് മൂസാൻ നബിയോട് പിറാവും പറഞ്ഞു അജാൽ മസ്തൂനിന്നാണ് ഞാനല്ലാത്തൊരു ദൈവം നിനക്കുണ്ടായാൽ നിന്നെ ഞാൻ ജയിലിൽ അടക്കുന്നതാണ് എത്രമാത്രം വലിയ ധിക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ വിടിയും ഞാൻ ആ മൂസന്റെ കഥ കഴിക്കട്ടെ എന്നാണ് ധിക്കാരിയായ ഫറോ പറഞ്ഞത് സഹോദരങ്ങളെന്താക്കിയത് പടച്ചോൻ നിരന്തരമായ പ്രതിസന്ധികളാണ് അവർ കൊടുത്തത് നിരന്തര എന്തൊക്കെ കൊടുത്തു എന്ന് കൂടാൻ പറയുന്നത് ഒന്ന് നിറഞ്ഞാൽ അവർക്ക് ഓരോരോ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പടച്ചോം കൊടുത്തു വർഷങ്ങളോളം വരൾച്ച പടച്ചോം കൊടുത്തതാണ് ഇതൊക്കെ എന്തിനാ പടച്ചാൻ പറയുന്നത് പടച്ചോം പറഞ്ഞ കാര്യങ്ങളെ അവഗണിച്ച് ജീവിക്കേണ്ട പടച്ചോന്റെ നിയമങ്ങളെ നിരാകരിക്കേണ്ട എനിക്ക് എന്ത് വരാന് ഞാൻ എന്റെ അവയെ അനുസരിച്ച് എന്റെ അച്ഛനുസരിച്ച് പോയാൽ എനിക്കെന്ത് വരും സഹോദരങ്ങളെ വരാണ്ട് ഫലങ്ങൾ കായ്ക്കാതെ ആലോചിക്കും നിങ്ങൾ വെള്ളത്തിന്റെ പ്രയാസവും വരൾച്ചയും നമ്മളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആ പഴങ്ങളിലുള്ള കുറവ് അല്ലകും യദ്ധക്കറും ചിന്തിക്കാൻ വേണ്ടി അതൊക്കെ പടച്ചും ചെയ്തു മാത്രമല്ല വല് ജറാതവൽ കുമ്മലവ വല്ലഫാതി വെട്ടുകിളികൾ എല്ലാ കൃഷികളും വന്ന് നിമിഷങ്ങളെക്കൂടെ നശിപ്പിച്ച് കളയാം വല് കുമ്മൽ പേന് എവിടെ എന്തിന് നോക്കിയാലും പേന് കിഴക്കന സ്ഥലത്ത് പേന് ഭക്ഷണത്തിന് പേന് ഇതൊക്കെ സമൂഹത്തിനെ പരീക്ഷിക്കാൻ അള്ളാവ് കൊടുത്ത കാര്യം വല്ലഫാദിക തവളകള് അതേപോലെ തന്നെ ബദ്ധമ ഭക്ഷണം എടുത്തു രക്തത്തിന്റെ ആംശം ആരും വിശദീകരിക്കാതെ മനസ്സിലാകുന്ന പ്രത്യക്ഷമായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ എന്തു വരാനെന്ന് ചോദിച്ച് പ്രവാചകനെക്കുറെ വലിച്ചിട്ട് കൊല്ലാൻ ഒരുങ്ങിയവർക്ക് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ കൊടുത്തു കൗമ മുൻ അവർ അക്രമികളായ ജനങ്ങളായിരുന്നു അങ്ങനെ ശിക്ഷകൾ കഠിനമായി ജീവിക്കാൻ പൂർത്തിയില്ലാതെ എവിടെ നോക്കിയാലും തവളകൾ എവിടെ നോക്കിയാലും പേന് എവിടെ നോക്കിയാലും രക്തം എല്ലാ നിലക്കും ജീവിതം പ്രയാസമായപ്പോൾ മൂസാനബിനോട് അവർ പറഞ്ഞു അടുക്കിൽ അള്ളാഹുമായി നിനക്കുള്ളൊരു കരാറും ബന്ധുണ്ടല്ലോ അത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദയരക്കുകയും ബുദ്ധിമുട്ടൊക്കെ നീങ്ങി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു കൊള്ളാന്നാണ് ഞങ്ങൾ ബനു ഇസ്ലായി നിലക്ക് വിട്ടുതരാൻ സഹോദരങ്ങൾ അള്ള നീക്കിക്കൊടുത്തു നീക്കിക്കൊടുത്തപ്പോൾ അവർ പിന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നില്ല അപ്പോഴാണ് അവരെ അള്ളാഹു മുക്കിക്കൊന്നത് ഈ കഥകളെ ഈ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് സഹോദരങ്ങളെ ലോകത്ത് ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ഇവിടെ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും മനസ് വേദനിക്കുന്ന പിന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണവുമായിട്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണവുമായിട്ടാണ് പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തുന്നത് അള്ളാഹു നമ്മളോട് പറയാണ് അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് തിരിച്ചു പോകല്ലോ അത് ലോകത്തൊരു പരിഹാരമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ എവിടെ ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ട് ഓൺ ചെയ്യേണ്ട ജോലി എന്താ കാര്യങ്ങൾ അള്ളാഹും റസൂലും നമുക്ക് തന്ന ഈ ഉപദേശങ്ങൾ നമ്മളെ അടുത്തുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവർ ചെയ്യേണ്ടത് എന്താ കാര്യങ്ങള് ഇസ്ലാമിലേക്ക് അവർ മടങ്ങി വരിക ശരിയായ ഇസ്ലാമിന്റെ നിയമങ്ങളെയും തൗഹീദിനെയും അവർ സ്വീകരിക്കുക നാടൊട്ടുക്കും കബറുകൾ നാടൊട്ടുക്കും ജാറങ്ങൾ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളില്ല വസ്ത്ര പള്ളികൾ വിജനം സഹോദരങ്ങളെ ഖുർആൻ എന്തെന്നറിയില്ല ആശയങ്ങൾ എന്തെന്നറിയില്ല അവിടെയാണ് സഹോദരങ്ങളെ നമ്മളുടെ സ്ഥാനവും നമ്മുടെ ദൗത്യവും നമ്മൾ തിരിച്ചറിയുന്നത് നാടൊട്ടുക്കും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ദീനി ഉപദേശങ്ങളുമാണ് നമ്മുടെ പള്ളികൾ ജനനിബിഠമാണ് നമ്മുടെ ആളുകൾ എപ്പോഴും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് അള്ളാഹും റസൂലും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ ജോലികളും എല്ലാ തിരക്കുകളും പുതിയ അജണ്ടകളും കണ്ടെത്താൻ ശ്രമിക്കുന്നവർ ഇസ്ലാമിക പ്രബോധകന്മാർ പ്രവർത്തകന്മാർ വിശുദ്ധ ഖുർആാന്റെ ദിവ്യസൂക്തങ്ങളോടി ജനങ്ങളോട് പറയാൻ പ്രവാചകന്റെ സുന്ദരമായ മാതൃകകളിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ഉപദേശങ്ങളോട് നല്ല മനസ്സുകാണിക്കാനും ആ ഉപദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നല്ല പരിശ്രമങ്ങൾക്കും മനസ്സുവെക്കുമ്പോൾ സഹോദരങ്ങളെ പുതിയ മാറ്റങ്ങൾ ലോകത്തുണ്ടാകും നന്മ പ്രചരിപ്പിക്കുവാനും നന്മയെ സ്വീകരിക്കുവാനും അള്ളാഹു തന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അലഹമുല്ലാ ഹൻബൻ അള്ളാഹമ്മാലിൻ വാലാലു മുഹമ്മദ് കമാസുല്ലി ഇബ്രാഹിമലാലി ഇബ്രാഹിം ഒബാക്ാല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് ഖമാബാറത്താലിബ്രാഹിമലി ഇബ്രാഹിം ഇന്ന ഹമീദും മജീദ് സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുന് ശുചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എണ്ണായിരത്തിഒന്നാമത്തെ ഹദീദായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീദിന്റെ ആശയമാണ് വായിച്ച് കേൾപ്പിക്കുന്നത് ും രണ്ട് സ്ഥലങ്ങൾക്കോ എല്ലാ ദിവസവും രാവിലെ പോകാൻ നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടം എന്തിനാ പോണത് രാവിലെ അങ്ങട് പോവുക എന്തിനാ പോണത് നല്ല രണ്ടൊട്ടകങ്ങളെ അവിടെ ചെന്ന രണ്ടകങ്ങളെ കിട്ടും അപ്പൊ എന്നും രാവിലെ അവിടെ പോകുക രണ്ടൊട്ടകങ്ങളെ വാങ്ങി പോരുക അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോന്ന് ഒട്ടകം ഏറ്റവും വലിയ സമ്പത്താണ് അവിടം വരെ രാവിലെ പോയാൽ രണ്ടൊട്ടകം കിട്ടുമെങ്കിൽ പോകാൻ തയ്യാറില്ലാത്ത ഒരാളും ആ സദസ്സിലുണ്ടാവൂല എന്നിട്ട് വിശ്വാസ്മ പറഞ്ഞു ഫി ഐരി ആ ഒട്ടകം കിട്ടുന്നത് ഒരു കുറ്റം ചെയ്തിട്ടല്ല ഒരു അറാമായ സമ്പത്തിന്റെ ഒരു കുടുംബ വിച്ഛേദിച്ചുകൊണ്ടുമല്ല അല്ലാതെ കിട്ടും ഹലാലായ നിലയ്ക്ക് രണ്ടൊട്ടകം കിട്ടും ആരാ പോകാൻ റെഡി ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലാ അള്ളാഹുബുദാലിക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണത് രാവിലെ അവിടെ പോയാൽ രണ്ടു ഒട്ടകം കിട്ടുമെങ്കിൽ ഞങ്ങൾ എല്ലാവരും റെഡിയാണ് അപ്പം എന്നാൽ നിങ്ങൾക്ക് പള്ളിക്ക് പോയി കൂടെ എനിക്ക് ഇത്താവില്ല എന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ട് രണ്ടായ തോതുക അല്ലെങ്കിൽ രണ്ടായത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടൊട്ടകം കിട്ടുന്നതിനേക്കാളും ഹൈറാവൻ അതാണ് സഹോദരങ്ങളെ രണ്ടായത്ത് ഓതുക അല്ലെങ്കിൽ രണ്ടായത്തിന്റെ അർത്ഥം വായിക്കുക അത് ഈ ഭൗതിക ജീവിതത്തിൽ രണ്ട് നല്ല ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും നല്ലതാണ് മൂന്നായത്ത് ഓതാൻ പറ്റുകയാണെങ്കിൽ മൂന്നൊട്ടകങ്ങളെക്കാളും ഉത്തമം അർബ് ഹൈറുല്ലഹൂമിൻ അർബ് നാലായത്തോദിയാൽ നാലായത്ത് പഠിച്ചാൽ അതും എന്താണ് നാലൊട്ടകങ്ങളെക്കാളും ഉത്തമം എത്രയാണോ വായിക്കുന്നത് അത്ര ഒട്ടകങ്ങൾക്ക് സമാനമായ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് സഹോദരങ്ങളെ എവിടെയും എന്തൊരു വലിയ ആശയമാണ് എവിടെയെങ്കിലും ഒരല്പസമയം അഞ്ചു മിനിറ്റ് വീണ് കിട്ടുന്നുവെങ്കിൽ ഒരായത്ത് പഠിക്കാൻ ഒരതീസ് പഠിക്കാൻ ഈ മഹത്തായ ദൌത്യമാണ് ലോകത്തെ നെവിശ്വാസമേൽപ്പിച്ചത് ഈ അറിവല്ലാതെ നമ്മുടെ ഇകലോക പരലോക രക്ഷയ്ക്ക് മറ്റൊരു വഴിയില്ല സഹോദരങ്ങൾ അതുകൊണ്ട് സംശയങ്ങളില്ലാതെ പഠിപ്പിക്കാൻ ഭയപ്പെടാതെ ഇൽമു പറഞ്ഞു കൊടുക്കാൻ ആശങ്കപ്പെടാതെ ആളുകൾ എന്തു വിചാരിക്കും എന്ന് ലജ്ജിക്കാതെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏതൊരു വചനവും ഒരു പേടിയും കൂടാതെ സഹോദരങ്ങളെ ജനങ്ങളോട് പറയുവാനും ഈ ആദർശങ്ങളും ആശയങ്ങളും എത്തിച്ചു കൊടുക്കുവാനുമുള്ള ഒരു മനസ്സിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കണം അല്ലാഹു നമുക്ക് ഇസ്ലാമിക വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളുടെ ഇണകളിൽ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളമ പ്രദാനം ചെയ്യണമേനാഥ അസത്യത്തിലും അധാർമികതയും ജീവിക്കുന്നവരെ തിരിച്ചുകൊണ്ടു വരുവാനുള്ള അവസരങ്ങളും സൗഭാഗ്യങ്ങളെയും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമെയിൽ